നിങ്ങളുടെ സ്വപ്നത്തിൽ അള്ളാഹു സുബഹാനുഹുവ ചായാല അവരെ കുറച്ചുപേരായി കാണിച്ച സമയം അവരെ ധാരാളമായി കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തളർന്നു പോകുമായിരുന്നു ഈ കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കങ്ങളുമുണ്ടാകുമായിരുന്നു എന്നാൽ അല്ലാഹുസുബഹാനുഹുവ ചായാലങ്ങളെ രക്ഷിച്ചു തീർച്ചയായും അവൻ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു